ഗ്ലാർ ഭാരത അഭ്യുത്ഥനമധർമ്മ തനം സൃജാമ്യഹം യി ധർമ്മ ഗ്ലാരിഭവ ഭാരത ഭരതവംശജന അർജുന ആ തപോമൂർത്തിയായ ഭരതനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭാരത എന്ന് വിളിക്കുന്നത് ഹേ അർജുന യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ധർമ്മത്തിന് എപ്പോഴാണോ ഒരു മറവുണ്ടാവണം ധർമ്മം നശിക്കില്ല ഗ്ലാനിയാണ് ഗ്ലാവ് പിടിക്കുകയാണ് മേഘം സൂര്യനെ മറക്കണ പോലെ ഒന്ന് മറച്ചു ഉള്ളൂ ഗ്ലാനിർഭി ഭാരത് അഭ്യുത്ഥാനം അധർമ്മ അധർമ്മമങ്ങനെ പാടത്ത് കളവളരുന്ന പോലെ വളർന്നു കിടക്കുമ്പോ അധർമ്മസഭ്യുത്ഥാനം തഥാ അപ്പോ ആത്മാനം സൃജാമ്യഹം ഞാൻ എന്നെ സൃഷ്ടിക്കും ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കും എങ്ങനെ അതൊക്കെ മുമ്പ് പറഞ്ഞു യോഗമായേ വശീകരിച്ചുകൊണ്ട് അജോപിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ പ്രകൃതിം സ്വാമധിഷ്ടായ സംഭവാമി ആത്മമായയാ ഭഗവാൻ അവതരിക്കുമ്പോ എങ്ങനെ അവതരിച്ചു ഹിരണ്യകശിപുവിന്റെ വീട്ടിൽ തന്നെ അവതരിച്ചു അല്ലെ പ്രഹ്ലാദനാണ് അവതാരം അവിടെ പിന്നെയാണ് നരസിംഹാവതാരം നാടിലും മുഴുവൻ ഭാഗവതം ധർമ്മത്തിന് വിഘ്നം ഉണ്ടാക്കുന്ന ആളുടെ വീട്ടിലൊരു ഭാഗവതനെ കൊണ്ടുവരുക എന്നുള്ള ഈശ്വരന്റെ പ്രഹസനം നമ്മളവിടെ കാണണം അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഭഗവാൻ എപ്പോഴോ കൃഷ്ണനും രാമനുമായിട്ടുള്ള അവതാരം മാത്രമല്ല അവതാരങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ കാലത്തിനും പറ്റിയ രീതിയിൽ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആളുകളെ മാത്രമല്ല ഞാൻ പറയണത് അങ്ങനെ അല്ലാതെ സൈലന്റായിട്ട് ചില സംഭവങ്ങളുടെ രീതിയിൽ ചില അറിവിന്റെ രീതിയിലൊക്കെ അവതാരം ഉണ്ടാവും അവതാരാഹി അസംഖ്യയാഹ എന്നാണോ ഭാഗവതം പറഞ്ഞത് കണക്കിലെടുക്കാത്ത ഭഗവാന്റെ അവതാരങ്ങളുണ്ട് ഭാരതീയർക്ക് ഒന്നുമില്ലെന്നും ഭാരതീയർക്ക് മടയന്മാരാണ് ഭാരതീയരെന്നും കല്ലിനെയും മണ്ണിനെയും പാമ്പിനെയും ഒക്കെ പൂജിക്കുന്നവരാണെന്നും ഒക്കെ വെള്ളക്കാരൻ സായിപ്പ പരിഹസിക്കുന്നത് കേട്ട് നമ്മുടെ ആളുകളും അതേപോലെ ഏറ്റു ഒരു കാലത്ത് കൽക്കട്ടയിൽ സിവിലൈസ്ഡ് ക്ലാസ് മുഴുവൻ ഒരു വെസ്റ്റേണൈസ്ഡ് ഹിന്ദുവിസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ബൈബിളും ഭഗവത്ഗീതയും കൂട്ടി ഇണക്കി എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് കേശവചന്ദ്രസേന മുതലായിട്ടുള്ളവരൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വന്തം പേരു പോലും ബംഗാളിയിൽ എഴുതാൻ അറിയാത്ത രാമകൃഷ്ണ പരമഹംസർ എവിടെയോ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് കൽക്കട്ടയിൽ വന്ന് ഒരു കാളിയെ വിഗ്രഹത്തിനെ വെച്ചുകൊണ്ട് ആരാധിച്ച് ഉയർന്ന അനുഭൂതി മണ്ഡലം വരെ എത്തി ഈ കേശവചന്ദ്രസേന അടക്കം എല്ലാരും അദ്ദേഹത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നത് ആ ഒരു സൈലന്റ് റവല്യൂഷൻ അമ്പത് അമ്പത്തിനാല് വയസ്സ് വരെ അദ്ദേഹം ദക്ഷിണേശ്വരത്തിരുന്ന കാലം അദ്ദേഹം പ്രസിദ്ധനൊന്നുമല്ല ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഒരു പതിനേഴ് പേരെ ഉണ്ടാക്കി ഭാരതത്തിന്റെ മൂലാധാരം ഇളക്കിവിട്ടത് അദ്ദേഹമാണ് ഗാന്ധിജിയും ഒക്കെ അതൊക്കെ പിന്നീട് വന്നതാണ് ഇളക്കി വിട്ടത് അദ്ദേഹത്തിന്റെ തപസ്സാണ് വിവേകാനന്ദ സ്വാമികളുടെ ആ ഒരു ചൈത്രയാത്ര മുതൽക്കാണ് നമുക്ക് വലതും ഒക്കെ ഉണ്ടെന്ന് ഭാരതീയർക്ക് പോലും തോന്നി തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മളൊന്നുമില്ല നമ്മൾ അടിമകളാണ് ഭരിക്കപ്പെടേണ്ടവരാണെന്നുള്ള ഭാവമായിരുന്നു ഇതൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ഉയർത്തലാണ് ഉത്താനമാണ് എപ്പൊ ധർമ്മത്തിന് ഗ്ലാനി വരുന്നു അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുമെന്ന് പറയുന്ന ഭഗവാൻ ഓരോ രീതിയിൽ അവതരിച്ചുകൊണ്ടേരുന്നിട്ടുണ്ട് എഴുപത്തിരണ്ട് മതങ്ങളിവിടെ തമ്മിൽ തല്ലിക്കൊണ്ട് ചണ്ട കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആചാര്യ ഭഗവത്പാദ അവതരിച്ചത് അങ്ങനെ എത്രയോ പ്രാവശ്യം വീണുപോയതിനെ പൊക്കി പിടിച്ചിട്ടുണ്ട് ആ തത്വത്തിനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എപ്പോയപ്പോ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നു അധർമ്മം തല ഉയർത്തുന്നുവോ തഥാ ആത്മാനം സൃജാമ്യഹം അപ്പൊ ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കും എന്നെ തന്നെ സൃഷ്ടിക്കും എത്ര കാലം കാത്തുകൊണ്ടിരുന്നു ഭഗവാൻ എത്ര എളുപ്പത്തിലൊന്നുമില്ല അല്ലെ വസുദേവർക്കും ദേവകിക്കും എത്ര കാലം മുമ്പാണ് കംസന് ഇൻഫർമേഷൻ കൊടുത്തത് എട്ടാമത്തെ കുട്ടിയായി പെട്ടെന്ന് അങ്ങനെ അവതരിച്ച് കംസവധം ചെയ്താ പോരായിരുന്നു അതിന്റെ ഇടയിൽ ഇവർ ഒരുപാട് ദുഃഖിച്ച് ആറു കുട്ടികൾ മരിച്ച് ഏഴു കുട്ടികൾ ജനിക്കാൻ തന്നെ എത്ര വർഷമായിട്ടുണ്ടോ അത്രയും വർഷം പ്രിപ്പറേഷൻ ആയിരുന്നു ഈ അവതാരത്തിനും അത്രയും വർഷത്തെ പ്രിപറേഷന് ശേഷമാണ് ഈ അവതാരം ഉണ്ടാവുന്നത് കൃഷ്ണാവതാരം ഇങ്ങനെ ഓരോന്നും അപ്പൊ ധർമ്മക്ലാനിയും ഉണ്ടാകുമ്പോ ഭഗവാൻ അവതരിക്കും അവതാരത്തിന്റെ ഉദ്ദേശം എന്താണ് നോക്കുക അടുത്ത ശ്ലോകം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർഥായ സംഭവാമിയുഗേയുഗേ ഓരോ യുഗത്തിലും ഞാൻ സംഭവിക്കും പരിത്രാണായ സാധൂന പരിരക്ഷണ സാധൂന സന്മാർഗസ്ഥിക് സ്ഥാപനം സാധു എന്ന് വെച്ചാൽ ഭക്തൻ എന്നർത്ഥം ഭക്തനെ സംരക്ഷിക്കാനായിട്ടും വിനാശായ ദുഷ്കൃതം ദുഷ്ടന്മാരെ എന്നുവെച്ചാൽ ഭക്തിമാർഗത്തിന് വിഘ്നം ഉണ്ടാക്കുന്നവരെ നശിപ്പിക്കാൻ അവരുടെ ശരീരം നശിപ്പിച്ചാൽ നാശമാവുമോ വീണ്ടും അവർ ജനിക്കും അല്ലെ അങ്ങനെയാണത്ര ഈ രാമായണകാലത്തില് പോയവരൊക്കെ വീണ്ടും കൃഷ്ണാവതാര കാലത്തും വന്നു അത്ര വേറെ രൂപത്തിലൊക്കെ നാരായണീയത്തിൽ ഭട്ടവരി പറയുന്നു ത്കൃത്താ അപ്പി കർമ്മശേഷവശതേന യാത്ര ഗതി തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിപ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ എന്നാണ് ചത്തുപയവർ ഓരോരുത്തരെയും ഇനിയും വരികയാണേ എന്താന്ന് വെച്ചാൽ കർമ്മശേഷവശത പക്ഷെ പലമുറ ഭഗവാൻ അവരെ ഒന്ന് കൊല്ലുമ്പോ ഭഗവാന്റെ ദർശനം ഉണ്ടാക്കും സംരംഭം കൊണ്ട് ഭഗവാനെ അവര് കാണുകയാണ് അപ്പൊ പല മുറ അവര് ദുഷ്കൃത്യത്തോടുകൂടെ തന്നെ ഈ ദുഷ്കൃത്യം ഒക്കെ തന്നെ തീരണം ദുഷ്ടന്മാരും ദുഷ്ടന്മാരും ഒന്നും പൊട്ടൻഷ്യലി ഡിവൈൻ അവരിലും ഭഗവാൻ തന്നെയാണോ ഉള്ളത് ആരും ദുഷ്ടന്മാരില്ല ഇവിടെ അപ്പൊ ദുഷ്ടന്മാരും ഒരു ക്ലാസ് ശിഷ്ടന്മാരും ഒരു ക്ലാസ് രണ്ടായിട്ട് പിരിക്കാനൊന്നുമില്ല ഇവിടെ ദുഷ്ടന്മാരും ഉള്ളിൽ വസ്തു ഭഗവാൻ ഭഗവാൻ തന്നെയാണ് അവരുടെ രൂപത്തിലും ഇരിക്കണത് അവരുടെ ദുഷ്ട് മാറ്റിക്കഴിഞ്ഞാൽ ഭഗവാനായി പക്ഷെ ആ ദുഷ്ടെങ്ങനെ മാറും ഈ മൃഗയോനികളിലൊക്കെ ജനിച്ചിട്ടേ മനുഷ്യനാവുമ്പോ എത്രയോ മൃഗയോനികളിൽ കൂടെ കടന്നിട്ടാണ് അത്ര വരുന്നത് മനുഷ്യൻ പൂർണ്ണ മനുഷ്യ ശരീരം മാത്രമേ മനുഷ്യന്റെ ആയുള്ളൂ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മൃഗവും ഒരു ശതമാനം മനുഷ്യനുമായിട്ടാണ് ആദ്യം എൻട്രൻസ് ചിലരെയൊക്കെ കണ്ടാ തന്നെ അറിയാം നമുക്ക് പിന്നെ അത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റിയേഴ് ശതമാനം തൊണ്ണൂറ്റിയാറ് ശതമാനം ഇങ്ങനെ പ്രകൃത്യാപൂരണം എന്ന് പതഞ്ജലി മഹർഷി പറയുന്നു അത് ഈ പ്രകൃതി പൂരണം ചെയ്ത് പൂരണം ചെയ്ത് പൂരണം ചെയ്ത് നിറച്ച് നിറച്ച് നിറച്ച് ഒരു അമ്പത് ശതമാനമാകുമ്പോൾ പകുതി മനുഷ്യനും പകുതി മൃഗവും ആയിട്ടിരിക്കും അങ്ങനെ അത് അല്പം ഒരു നാപ്പത് മുപ്പതുമൊക്കെ ആവുമ്പോ ഭഗവത്ഗീതയൊക്കെ ഇങ്ങനെ എടുത്തു നോക്കും അങ്ങനെ നോക്കും ഭഗവത്ഗീതയൊക്കെ ഒരു മുപ്പത് ശതമാനമാകുമ്പോ വീട്ടിൽ വാങ്ങി ഷെൽഫിൽ വെക്കും ഒരു ഇരുപത് ശതമാനമാകുമ്പോ അതിൽ പൂവിട്ട് പൂജിക്കുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യും ഒരു പത്ത് ശതമാനം അഞ്ചു ശതമാനം വരെ ആവുമ്പോഴാണ് സത്സംഗത്തിലൊക്കെ ഇരുന്ന് മനസ്സിലാവുകയൊക്കെ തുടങ്ങുന്നത് മൃഗത്തിന്റെ അലമെന്റ് അനുസരിച്ചിട്ടാണ് മനസ്സിലാവുക അനിമൽ ഇൻസ്റ്റിങ്സിന്റെ എന്താണ് അളവ് അനുസരിച്ച് മനസ്സിലാകുകയും തെറ്റുധരിക്കുകയും ശരിക്കു ധരിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ സംശുദ്ധമാക്കപ്പെടുമ്പോ സ്ഫുടമാക്കപ്പെടുമ്പോ കംപ്ലീറ്റ്ലി വെൻ ദ അനിമൽസ് വാഷ് ഓഫ് ദർ ഇസ് നോ ഹ്യൂമൻ ബീങ് അതാണ് അതിന്റെ വേറൊരു രസം അവിടെ മനുഷ്യനും ഇല്ല മനുഷ്യനെന്ന് പറഞ്ഞ ഒരാളില്ല ഈശ്വരത്വത്തിൽ മൃഗീയത അല്പം കലരുമ്പോഴാണ് മനുഷ്യനാവണത് ആ മൃഗം പൂർണമായി കഴുകിക്കളയപ്പെട്ടാൽ മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ അവിടെ ഭഗവാനേ ഉള്ളൂ മനുഷ്യനില്ല പുല്ലാകി പൂടായി പുഴുവായി മരമാകി പൽവിറുഖമാകി പരവയായി പാമ്പായി കല്ലായി മനിതരായി പേയായി ഗണങ്ങളാകി വൽ അസുരരായി മുനിവരായേവരായ്െല്ലാ നാവരജംഗമത്തുൾ എല്ലാ പിറപ്പും പിറന്ന് ഇളത്തെ എമ്പെരുമാൻ മെയ്യേ ഉൻ പൊന്നടികൾ കണ്ടിന് വീടുറ്റേൻ ഉയ്യവൻ ഉള്ളൾ ഓങ്കാരമായി നെയ്യാവിമലാവിടെപ്പാം വേദങ്ങൾ അയ്യായന ഓങ്കി ആൾന് അകുണ്ണ്ണിയനേ മെയ്യായനാം വിമലാ പൊയ്യായിവെല്ലാം പോയകലവ വന്തളി മെയ്ജ്ഞാനമാകി മിളുക മെച്ചുടരേ എഞ്ജാനമില്ലാതെ ഇൻപെരുമാനേ അജ്ഞാനം തന്നെ അകൽവിക്കും നല്ല അറിവേ ആക്കം അളവ് ഇരുതി ഇല്ലായ് അനെ തുലകും ആക്കുവായ് കാപ്പായ് അഴിപ്പായ് അരുള തരുവായ് പോക്കുവായ് എന്നെ പുകവിപ്പായ് നൊഴിൽ നാത്രത്തിൻിയായ് ശേയായി അണിയാനെ മാറ്റം മനം കഴിയോനെ കരന്തപാൽ കണ്ണലോട് നെയ് കലദോല സടിയാ ചിന്തയുൾ തേൻ ഊറി നൃ പിറന്ത അറുക്കും എങ്കോർ ഐന്തുടയായ് വിണ്ണോ ഏത്ത മറന്നിരുന്തായെരുമൻ വൽവിനയേൻ തന്നെ മറത്തിടമൂടിയും കയറ്റാൽ കട്ടി പറഞ്ഞു ധർമാധർമ്മ കൊണ്ട് നമ്മളുടെ ജ്ഞാനം പ്രതിഹതമാണ് അറം പാവം അറം എന്ന് വെച്ചാൽ ധർമ്മം പാവം എന്ന് വെച്ചാൽ അധർമ്മം അറം പാവം എന്നും അറും കയ്യാൽ കട്ടി രണ്ട് കയറുകൊണ്ട് കെട്ടിട്ടിരിക്കുക അത്രേ നമ്മള് പുറന്തോൽ പോർത്തെങ്കും പുഴു അഴുക്ക് മൂടി പുറമേക്ക് തോൽ കൊണ്ട് അടച്ച് മലം സോറും ഒൻപത് വായിലെ മലങ്ക പുലൻ വഞ്ചനയെ ഒമ്പത് ദ്വാരങ്ങളിലൂടെയും മലം ഒഴുകാണ് ഈ ശരീരത്തിൽ അഞ്ചു ഇന്ദ്രിയങ്ങളും വഞ്ചിക്കാണ് ഐ പുലുകൾ വഞ്ചനയെ ചെയ്യ വിളങ്കുമനത്താൽ വിമലാ ഉനക്ക് കലന്ദ അൻപകി കഷിന് ഉൾ ഉറുകും നലം താൻ ഇല്ലാതെ സി ഏർക്ക് നൽകി നിലം തന്മേൽ വന്ത് അരുളി നിൻകഴുകൾ കാട്ടി അത് വേറെ വന്നു എങ്ങനെയാ വന്നത് എന്ന് വെച്ചാൽ പുല്ലായി പുഴുവായി മരമായി മൃഗമായി പാമ്പായി പല യോനികളിൽ സഞ്ചരിച്ച് ഋഷികളായും ദേവന്മാരുമായൊക്കെ മാറി അവസാനം ചുറ്റി തിരിഞ്ഞ് ഞാൻ തളർന്നു എന്നാണ് അവസാനം എവിടെയാ ഒരു രക്ഷ കിട്ടിയത് നിലം തന്മൽമേൽ വന്ത് നിൻകഴലുകൾ കാട്ടി എനിക്ക് ഉള്ളില് നോക്കൂ ഉള്ളിൽ നോക്കൂ ഉള്ളിലൊന്നും നോക്കാൻ പറ്റുന്നില്ല വിഷമിക്കുമ്പോ നിലം തന്മേൽ വന്ദ് നിൻകഴൽകൾ കാട്ടി എന്റെ മുമ്പില് പ്രത്യക്ഷമായി ഒരു രൂപം എടുത്തു വന്ന് ധർമാധർമ്മങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജ്ഞാനത്തിൽ മറയെ നീക്കി അജ്ഞാനയിരുളിനെ നീക്കി ജ്ഞാനപ്രകാശം ഉണ്ടാക്കി ആത്മാനുഭവം തന്ന ആ കൃപ അതാണ് ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് പഞ്ചമ അവതാരം അഴിപ്പായ് അരുള തരുവായ് പോക്കുവായ് എന്നെ പുപ്പായ് നൊഴുമ്പിൽത്തിന് നേരിയായ് ശേയായ് ആക്കുവായ് സൃഷ്ടി അഴിപ്പായ് നാശം അരുൾ തരുവായ് കൃപ ആ കൃപധരാനായിട്ടാണത്രേ ഭഗവാൻ അവതരിക്കണത് അവതരിക്കലോ അപ്പൊ ഏതോ ഒരു കാലത്ത് കൃഷ്ണനായിട്ടോ അവതരിക്കലല്ല എപ്പൊ ഒരു ജീവന് വേണോ അപ്പപ്പോ ആ ജീവന്റെ മുമ്പിൽ ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ അവതരിക്കും ആവിർഭവിക്കും മാണികവാചകസ്വാമികൾ തന്നെ പാടുന്നു കോകഴിയാണ്ട ഗുരുമനിതൻ താഴ്വാഴി അദ്ദേഹത്തിന് അവതാരം വന്നു എങ്ങനെ അവതാരം വന്നു എന്ന് വെച്ചാൽ രാജാവിന്റെ മന്ത്രിയായിട്ടിരിക്കുകയാണ് രാജാവായി മന്ത്രിയായിട്ടിരിക്കുമ്പോൾ പുറമേക്കൊക്കെ ഈ മന്ത്രിയായിട്ട് ജോലിയൊക്കെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പെടുകയാണ് ഭഗവാനെ എനിക്ക് ആര് വഴി കാണിക്കും ഈ സംസാരത്തിൽ ഞാൻ പെട്ട് കിടക്കണമല്ലോ എനിക്ക് ഭഗവത് പ്രാപ്തിക്കുള്ള വഴി എവിടെ എനിക്ക് ആര് ജ്ഞാനോപദേശം ചെയ്യും എന്നിങ്ങനെ പെടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ദിവസം രാജാവ് വിളിച്ചു പറഞ്ഞത് ബ്രഹ്മരായൻ എന്ന് പേര് ഹേ ബ്രഹ്മരായൻ ദാ കുറച്ച് പണം കൊടുത്തിട്ട് പറഞ്ഞു കടൽ തീരത്ത് നല്ല ശീമക്കുതിരകൾ വന്നിട്ടുണ്ട് ആ കുതിരകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ധാരാളം പണം കൊടുത്തു രാജാവ് ആ പണവും കൊണ്ട് തന്റെ ഗതികേട് എനിക്ക് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ എനിക്ക് എപ്പോ ഭഗവത് പ്രാപ്തി ഉണ്ടാവും എനിക്ക് ആര് വഴി കാണിക്കുമെന്ന് നോക്കും നോക്കി നടക്കുമ്പോഴാണ് തിരുവാരൂരില് കോകഴി എന്ന് സ്വാമികൾ പറയണത് അവിടെ ഭരത്തിന്റെ ചോട്ടിൽ ഒരു സദ്ഗുരു ഇരിക്കും കുറെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ബ്രഹ്മതേജസ്സോടുകൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുനാഥനെ കണ്ടതും സ്വാമികൾ കുതിര വാങ്ങിക്കാൻ പോയതൊക്കെ മറന്നു അവിടെ ഇറങ്ങി ആ സദ്ഗുരുവിനെ പരിചരിച്ചു ഗുരു ബ്രഹ്മോപദേശം ചെയ്തു സ്വാമികൾക്ക് സമാധി അനുഭവം ശിവയോഗമുണ്ടായി ശിവാനുഭവം ഉണ്ടായി ഒക്കെ മറന്ന് കണ്ണടച്ച് സമാധിസ്ഥിതനായിട്ടിരുന്നു പൂർണ്ണ അനുഭവസ്ഥിതനായി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ ഗുരുവുമില്ല ആരുമില്ല കോകഴിയാണ്ട ഗുരുമനിതൻ താഴ്വാഴി അവിടെ എനിക്ക് സദ്ഗുരുവായി എൻ്റെ മുമ്പിൽ വന്ന എന്റെ ആൾക്കൊണ്ട് തത്വോപദേശം ചെയ്തു മറഞ്ഞുപോയ ആ ഭഗവാൻ അതാണ് നിലം തന്മേൽ വന്ത് നീൻ കഴലുകൾ കാട്ടി നായിക്കടയായി കിടന്ന അടിയേർക്ക് തായിർച്ചിരന്ത ദയാവാന തത്വനെ നായിനേക്കാളും മോശമായി നടന്ന എനിക്ക് അമ്മയെക്കാളും ശ്രേഷ്ഠത്വ ശ്രേഷ്ഠമായി വന്ന് കൃപ ചെയ്ത ആ ദയാമൂർത്തി അത് അവതാരമാണ് ഇത് അവതാറ അപ്പൊ അവതാരം ഏതെങ്കിലും കാലത്തല്ല എപ്പോയപ്പോ ഭക്തന് തന്റെ ഉള്ളിൽ തന്നെ ധർമ്മത്തിന് തടസ്സം വരുന്നുവോ ഭഗവത്പ്രാപ്തിക്ക് തടസ്സം വരുമോ അപ്പൊ ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ ഉള്ളിലുള്ള തടസ്സം നീക്കി ഈ ജീവന് ഭഗവത് ഉണ്ടാക്കി കൊടുക്കാൻ വഴിതെളിച്ചു കൊടുക്കും പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം എടുക്കാം ഈ സാധുവിനെ അയാളുടെ ഉള്ളിൽ തന്നെ ഉള്ള ദുഷ്കൃതന്മാരുണ്ട് പൂർവ്വ ദുഷ്കൃതത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് കാമം ക്രോധം ലോപം മോഹം ഇതിലൊക്കെ പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭഗവാനെ ധ്യാനിക്കാനും പറ്റുന്നില്ല ജപിക്കാനും പറ്റില്ല എന്റെ മനസ്സ് എനിക്ക് പിടിച്ചിട്ട് അടങ്ങുന്നില്ല എന്ത് ചെയ്യും കരയ അവിടെയാണ് ഈ ജീവൻ കരയുന്നത് എനിക്ക് വയ്യ അവിടുന്ന് തന്നെ എന്നെ രക്ഷിക്കണം അഴുതാൽ ഉന്നയിപ്പറലാമേ ഭഗവാനോട് വിളിച്ച് കേണം ഈ ജീവന് കൃപയുണ്ടായി കൃപയുടെ രൂപത്തിൽ ഒരു ഡിസെൻറ്റൻസ് ഉണ്ടാവും ഒരു അവതാരം ഉണ്ടാവും വിനോഷായ ദുഷ്കൃതം ഇയാൾ ഏതേത് ദൗർബല്യങ്ങളെ ജയിക്കാൻ ശ്രമിക്കുന്നുവോ ആ ദൗർബല്യങ്ങളിൽ നിന്നും ഉദ്ധരാമി അയാളെ ഞാൻ പിടിച്ചുയർത്തും എന്ന് ഭഗവാൻ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് തേശാമഹം സമുദ്ധർത്താ മൃത്യു സംസാര സാഗരാ ഭമി നച്ചിരാത്പാർത്ഥ മയ്യാവേശിത ചേതസാം മയ്യേവ മന ആധത്സ്വാ മൈബുദ്ധിം നിവേശയാ നിവസിഷ്യസി മയ്യേവ് അത ഊർദ്ധ്വം സംശയാ നനക്ക് ശരണാഗതി ചെയ്യൂ നിനക്ക് സാധിക്കുന്നില്ല ബോധം വന്നോ ശരണാഗതി ചെയ്യൂ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പിടിച്ചു ഉദ്ധരിക്കുന്ന ആ ഒരു കൃപാശക്തി ഉണ്ടല്ലോ അത് അവതാറും അപ്പൊ പരിത്രാണായ സാധൂനാം വിനാശായിച്ച ദുഷ്കൃതാം ഹിസ്റ്റോറിക്കലായിട്ടോ ജോഗ്രഫിക്കൽ ഒരു വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല ഹിസ്റ്റോറിക്കലായിട്ടോ ജോഗ്രഫിക്കലായിട്ടോ ഒക്കെ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ കൃഷ്ണാവതാരവും രാമാവതാരത്തിലേക്കും നമ്മൾ പോണം ഋഷികളൊക്കെ പ്രാർത്ഥിച്ചു ഭഗവാൻ രാമനായി അവതരിച്ചു ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചു ഭഗവാൻ എത്രയോ അവതാരങ്ങൾ ചെയ്തു ഭാഗവതത്തിൽ ഇരുപത്തിയേഴ് ഇരുപത്തിനാല് അവതാരങ്ങളെ പറഞ്ഞു അതല്ലാതെ അസംഖ്യ അവതാരങ്ങളുണ്ട് ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് വരുന്ന ഒരു അവതാരം ജൈനന്മാര് ശിവഭക്തിക്കും വിഷ്ണു ഭക്തിക്കും ഒക്കെ തടസ്സം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലേക്കുന്ന കാലത്ത് ഒരു ശിവപാദ ഹൃദയർ എന്ന ഒരു ഭക്തൻ തപസ് ചെയ്തു ഈ ജൈനമതത്തിന്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോ ശീർകാഴി എന്ന ശിവക്ഷേത്രത്തിൽ അദ്ദേഹം തപസ് ചെയ്തു എങ്ങനെയെങ്കിലും ഭക്തിമാർഗം വേണ്ടി അദ്ദേഹം ദിവസവും വെള്ളത്തിലിറങ്ങി നിന്ന് വളരെ നേരം പഞ്ചാക്ഷരം ജപിക്കുകയും മറ്റുവൊക്കെ ചെയ്യും ഒരു ദിവസം തപസ് അദ്ദേഹം വെള്ളത്തിലിറങ്ങി തീർത്ഥത്തിൽ ഇറങ്ങി കുളിച്ച് ജപിച്ചുകൊണ്ടിരിക്കുന്നു കരയ്ക്ക് കുട്ടിയെ ഇരുത്തിയിട്ട് വന്നിട്ടുണ്ട് മൂന്ന് വയസ്സ് കുട്ടി കുട്ടിയെ കുളിച്ചു കഴിഞ്ഞ അദ്ദേഹം കരയ്ക്ക് കയറുമ്പോൾ കുട്ടിയുടെ വായിന്ന് പാലിറ്റുകൊണ്ട് വീണുകൊണ്ടിരിക്കുകയാണ് കുട്ടി ഇടയില് കരഞ്ഞിട്ടുണ്ട് വിശന്നിട്ട് ആരോ പാല് കൊടുത്തു കുട്ടിക്ക് ബ്രാഹ്മണനാണോ ആരാ പാല് കൊടുത്തത് ചോദിക്കാം ആര് ആരും നമുക്ക് കൊടുത്താ യാർ കിട്ടുന്ന പാല വാങ്ങി കുടിച്ചേ അപ്പോ ആ മൂന്ന് വയസ്സ് കുട്ടി ധോണിയപ്പന്റെ ക്ഷേത്രത്തിനെ കാണിച്ച് തോടുടയൻ വിടയേറി ഓർത്തൂൺമതിശൂടി കാടുടയുടലൈ പൊടി പൂശിയൻ ഉള്ളം കവർക്കേടുടയ മലരാൾ ഉണനാൻ ഏത്ത അരുൾ ഷീത പിറമാപുരം തോടുടയൻ വിടയേറി വിടയെന്ന് വെച്ചാൽ ഋഷഭവാഹനായി ഭഗവാൻ അംബികയോട് വന്ന് എനിക്ക് പാല് തന്നു അവതാറും ഡിസെൻ്റൻസ് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഭഗവാൻ അവതരിച്ചു എന്നർത്ഥം ശിവപാത ഹൃദയർ വളരെ സന്തോഷിച്ച് കുട്ടിയെടുത്ത് തോളില് വെച്ച് നാട് കൊണ്ടുപോയി എന്നാണ് ഭക്തിമാർഗത്തിന് ഉദ്ധരിക്കാനായിട്ട് അപ്പൊ ഭഗവാൻ എവിടെയെങ്കിലും ഒരു വിഷമിച്ചൊരു ജീവൻ ഭഗവത് അനുഭവത്തിനായിട്ടോ ലോകമംഗളത്തിനായിട്ടോ തപസ് ചെയ്യുമ്പോ അവിടേക്ക് ഒഴുകുന്ന ഒരു ഭഗവത് കൃപയുടെ ഒഴുക്ക് അവതാരമാണ് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയുഗേ ഓരോ യുഗത്തിലും ഞാൻ ധർമ്മ സംഭവിക്കും അടുത്ത ശ്ലോകം ജന്മ കമ്മ ചേ ദം യോ വേത്തി തൃഹം പുനർജന്മ നൈതി മാതി സോർജുന തജ്ജന്മ മായാരൂപം കർമ്മ സാധൂനം പരിത്രണദി മേ മമ ദിവ്യം അപ്രകൃതം ഐശ്വരം ം യഥോക്തം യഹ വേത്തി തത്വ തത്വേന യഥാവ ദേഹം ഇമം പുനഃ ജന്മാ പുനരുത്പത്തി നീ ഏതൊരാളാണോ ഭഗവാന്റെ ഈ അവതാരത്തിനെ മായാകൃതമായി അറിയുന്നത് ഇതൊരു ഭഗവാന്റെ ലീലയാണെന്ന് അറിയുന്നത് ഭഗവാൻ ചെയ്യുന്ന സാധുക്കളെ സംരക്ഷിക്കുന്നതൊക്കെ ഭഗവത് കൃപയായിട്ടും അറിയുന്നത് ഇത് ഈ ബാഹ്യരൂപത്തിൽ മോഹിച്ചു പോകാതെ ഭഗവാന്റെ അന്തസത്തയെ ആരറിയുന്നുവോ അഹം ആത്മാ ഗുഡാകേശ എന്ന തത്വം ആര് ഗ്രഹിക്കുന്നുവോ ആര് ഭഗവാനെ ആത്മസ്വരൂപമായി അറിയുന്നുവോ തത്വതാവേത്തി പലപ്പോഴും ബാഹ്യരൂപത്തിൽ വീണുപോകും ബാഹ്യരൂപത്തിൽ വീണുപോയാൽ ചിലപ്പോൾ സ്നേഹം ഉണ്ടാവും ചിലപ്പോൾ വെറുപ്പുണ്ടാവും സ്നേഹവും വെറുപ്പും ഒരു കോയിന്റ് രണ്ട് സൈഡ് പോലെയാണ് തത്വജ്ഞാനം ഇല്ലാതെ സ്നേഹമുണ്ടായാൽ ആ സ്നേഹം തന്നെ വെറുപ്പായിട്ട് മാറും നിങ്ങൾ ഈ നിയമം ലോകത്തിൽ പരീക്ഷിച്ചു നോക്കിക്കൊള്ളാം കുടുംബജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കിക്കൊള്ളാം ജ്ഞാനമില്ലാതെ ഒരാളോട് സ്നേഹം വരുമ്പോ ആ സ്നേഹം ചിലരൊക്കെ വളരെ ഇമോഷണലായിട്ട് സ്നേഹം ധനിച്ചു വരുമ്പോ ജാഗ്രതയായിട്ടിരുന്നോളും എപ്പോഴാണ് ആ സ്നേഹം വെറുപ്പായിട്ട് മാറുക എന്ന് പറയാൻ പറ്റില്ല ഒരു വികാരം എപ്പോ വേണമെങ്കിലും ഏത് സെന്ററിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം അത് വെറും വികാരമാണ് ആ വികാരം ഏത് സെന്ററിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം സ്നേഹം തന്നെ വെറുപ്പാവാം വെറുപ്പ് തന്നെ സ്നേഹവുമാവാം അപ്പൊ ജ്ഞാനത്തോടുകൂടെ വേണം ഭഗവാനോടുള്ള സ്നേഹവും ഭഗവത് തത്വം വേണം ആ ഭഗവാൻ കൃഷ്ണാവതാരം ഉണ്ടായപ്പോൾ തന്നെ വസുദേവനോടും ദേവകിയോടും ഈ കാര്യവും ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ വെറുതെ പുത്രൻ എന്ന് കരുതിയാൽ ഇനിയും നിങ്ങൾക്ക് ജനിക്കേണ്ടി അതുകൊണ്ട് ബ്രഹ്മവിചാരത്തോടുകൂടെ എന്നോട് പുത്ര സ്നേഹം ചെയ്യൂ ഇത് കൃഷ്ണാവതാരത്തിന് മാത്രമല്ല നമ്മളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും അതേ സത്യമാണ് സ്നേഹിക്കണം സ്നേഹിക്കുമ്പോ തന്നെ അറിയണം ഈ ശരീരം നാളെ വളരും ഈ ശരീരം നാളെ ഏർ ഈ ശരീരം ഒരുപക്ഷെ നാളെ എന്നെ വിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകും അല്ലെങ്കിൽ ഞാൻ ഈ ശരീരത്തിന് ഉപേക്ഷിക്കും അതുകൊണ്ട് ഈ സംബന്ധം നിത്യമല്ല ഈ സംബന്ധം കേവലം ഭഗവാൻ എനിക്ക് ഒരു രൂപത്തിൽ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു എനിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ സ്നേഹത്തോട് ചെയ്തു കൊടുക്ക ഒന്നും പ്രതീക്ഷിക്കരുത് എന്നൊക്കെ ഉള്ള ജ്ഞാനത്തിനെ പുറകെ വെച്ചുകൊണ്ടു വേണം അവരവരുടെ കുട്ടികളെയും ഭാര്യയും ഭർത്താവിനെയും ഒക്കെ സ്നേഹിക്കാം തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ഇവര് നിത്യമായി നമ്മളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ഇവരിൽ നിന്ന് എപ്പോഴും എനിക്ക് സുഖം കിട്ടുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോ എപ്പോ വെടിപൊട്ടാം വെടി പൊട്ടിയാൽ ചിലപ്പോ താങ്ങാൻ കരുത്തുണ്ടാവില്ല ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായാൽ അത്യധികം വെറുപ്പുണ്ടാവാം അതാണ് സ്നേഹിച്ച കല്യാണം കഴിച്ച ആറുമാസത്തിനുള്ളിൽ ഡൈവേഴ്സ് ചെയ്യണത് ശത്രുക്കളായി ഇത്ര സ്നേഹിച്ച ആളുകൾ കുടുംബത്തിനോടൊക്കെ വിരോധം വെച്ചിട്ട് എവിടെയോ പോയി കല്യാണമൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല എൻ്റെ പേര് രണ്ടു വഴിക്ക് പോയി എന്തു പറ്റി സ്നേഹം സ്നേഹമാണ് ഈശ്വരൻ എന്നൊക്കെ പറയണമല്ലോ നിങ്ങളുടെ ഈശ്വരൻ എവിടെ പോയിപ്പോ സ്നേഹത്തിൽ അഹങ്കാരം ഉള്ളത്തോളം കാലം അജ്ഞാനം ഉള്ളത്തോളം കാലം ആ സ്നേഹം വെറും സെൽഫിഷ്നെസ് മാത്രമാണ് സ്വാർത്ഥത മാത്രമാണ് സ്വാർത്ഥതയ്ക്ക് എവിടെ തടസ്സം വരുന്നുവോ അവിടെ സ്നേഹമൊക്കെ ശുദ്ധമേ അസംബന്ധമായിട്ട് പോകും അതുകൊണ്ട് സ്നേഹം യാതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല സ്നേഹമൊന്നും ലഭിക്കാൻ വേണ്ടിയിട്ടല്ല സ്നേഹത്തിൽ യാതൊരു വിധത്തിലുള്ള ദുഃഖത്തിന്റെ വ്യക്തിത്വമില്ലാത്ത തലത്തിൽ നിന്ന് വേണം സ്നേഹിക്കാം സ്നേഹിക്കുന്ന ആൾക്കും വ്യക്തിത്വമില്ല സ്നേഹിക്കപ്പെടുന്ന ആളിൽ വ്യക്തിത്വം ആരോപിക്കാതെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആ സ്നേഹം ഒരിക്കലും വിട്ടുപോവില്ല അവരെങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കുള്ളിൽ ഒരു വെറുപ്പ് ഒരു ദ്വേഷത്തിനെ വെച്ചു പുലർത്താൻ സാധ്യമല്ല കണ്ണിമ പോലെയാണ് യോഗിയുടെ ചിത്തം വ്യാസഭഗവാൻ ഒരത്ത് യോഗസൂത്ര വ്യാഖ്യാനത്തിൽ പറയുന്നത് കണ്ണിമയിൽ ഒരു പൊടി വീണാൽ കണ്ണ് സഹിക്കില്ല അതുപോലെ ചിത്തത്തിൽ ഒരു ചെറിയ വെറുപ്പോ എന്തെങ്കിലും വൃത്തിയോ വെച്ചുകൊണ്ടിരിക്കാൻ ഭക്തന്റെ ഹൃദയത്തിന് സാധ്യമല്ല നമ്മുടെ അത് നീക്കിക്കളയുണ്ട് എപ്പോ ഭഗവാനെ നമ്മൾ ഭഗവാന്റെ അടുത്തും നമ്മൾ ഭക്തി ചെയ്യുമ്പോൾ ഭഗവാനെ താത്വികമായി അറിഞ്ഞുകൊണ്ട് ഭഗവാൻ എന്ന ഭാവത്തോടുകൂടെ ഭക്തി ചെയ്യുമ്പോ തെക്വാദേഹം നമ്മളുടെ ദേഹം വീണുപോയാലും നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ ദേഹം വീണുപോയാലും നമ്മളുടെ ദേഹം വീണുപോയാലും നമ്മളുടെ സ്നേഹം ഒരിക്കലും വിട്ടുപോവില്ല അവർക്ക് പുനർജന്മം ഉണ്ടാവില്ല സ്നേഹിക്കുന്ന പദാർത്ഥത്തിൽ അവർ ലയിച്ചു ചേരും ഇവിടെ സ്നേഹിക്കുന്ന പദാർത്ഥം എന്താ ഭഗവാന്റെ ഉണ്മയായ സ്വരൂപം അതിനാണ് നിലം തന്മേൽ വന്ദ് നിൻകഴൽകൾ കാട്ടി പുറത്ത് ചുവട്ടൽ വന്ന് ഭഗവാൻ തന്റെ നേരെ ആകർഷിക്കുന്നു ഗോപസ്ത്രീകളെ തന്റെ നേരെ ആകർഷിച്ചു ഗോപസ്ത്രീകളുടെ സ്നേഹത്തിൽ അല്പല്പം തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടാണ് വിരഹം ഉണ്ടായത് അവർക്ക് അറിയുന്നുണ്ട് ഭഗവാൻ ഈ ശരീരമല്ല അറിഞ്ഞാലും വൃന്ദാവനം വിട്ടുപോയപ്പോൾ വിഷമം കരയുന്നു ദുസ്സഹപ്രേഷ്ഠ വിരഹം പക്ഷെ അവര് പറയുന്നു അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്കറിയാം നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനത്മദൃക് അവര് തെരഞ്ഞു കാട്ടിലൊക്കെ രാസക്രീഡ സന്ദർഭത്തിൽ ഗോപശ്രീകൾ യമുനാപുളിനത്തിൽ കൃഷ്ണനെ തെരയുമ്പോൾ ശ്രീശുഖബ്രഹ്മ മഹർഷി പറയുന്നു ആരെയാണ് അവർ തെരയണത് ഉള്ളിലും പുറത്തും ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്ന ഭൂതാത്മാവിനെയാണ് അവര് വൃക്ഷങ്ങളിലും ലതകളിലും തെരയുന്നത് എന്ന് ശ്രീശുഖാചാര്യർ ശ്ലോകം എന്താ ൂതാത്മാനം ആകാശം പോലെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്ന ബഹിരന്തര ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നതായ ഹരിയെ അവരെ വൃക്ഷങ്ങളിലും ലതകളിലും അന്വേഷിച്ചു കൊണ്ട് നടന്നു അപ്പോ അവരുടെ ഭക്തിക്ക് ഭഗവാൻ അവരെ പിടിച്ചുയർത്തി വിരഹം കൊണ്ട് തന്നെ അവരെ പരിപാടപ്പെടുത്തി ഒരേ അടിക്ക് അവർ ഉപേക്ഷിച്ച് മധുരാപുരിയിലേക്ക് പോയി എന്നാൽ ഗോപസ്ത്രീകൾ അത്യധികം മൂഢകളായിരുന്നുവെങ്കിൽ അവരെന്തു ചെയ്യണം ഭഗവാനെ അന്വേഷിച്ച് മധുരാപുരിയിലേക്ക് അവർ പോണ്ടതാണ് പോയില്ലേ അവര് കാരണം എന്താ അവർക്ക് അറിയാം ഞങ്ങളുടെ വിരഹ ദുഃഖം ഞങ്ങളുടെ മാത്രം അജ്ഞാനം കൊണ്ടോ ഉണ്ടായതാണ് ഭഗവാൻ മധുരാപുരിയിലുള്ള ആളല്ല മധുരാപുരിയിൽ ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടുപോയാൽ ഭഗവാൻ അവിടുന്ന് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകും ഈ അന്വേഷിച്ച് നടക്കുന്നതിന് അർത്ഥമല്ല ഭഗവാൻ തന്ന അനുഭൂതി ഉള്ളിലാണ് ആ അനുഭൂതിയിൽ നിലയ്ക്കാൻ തടസ്സം നിൽക്കുന്ന ഈ വിരഹ ഞങ്ങളുടെ മാത്ര അജ്ഞാനമാണോ എന്ന് അറിയുന്നത് ഗോപസ്ത്രീകൾ ദുഃഖമുണ്ടെങ്കിൽ പോലും ഭഗവാന്റെ പുറകെ അവർ മധുരാപുരിയിലേക്കൊന്നും പോയില്ല ഇതൊക്കെ നോക്കണം അപ്പെന്താ ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വത കൃഷ്ണൻ പോയപ്പോ ജയതി തേദികം ജന്മനാവിരാശ്വതത്ര ഹി എന്ന് പാടിയ ഗോപികാഗീതത്തിൽ തന്നെ നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹി നാം അന്തരാത്മദൃക് എന്ന് പാടുന്നുണ്ടവര് വിരഹമുള്ളപ്പോ തന്നെ തത്വജ്ഞാനവും ഉണ്ട് വസ്തു മറന്നിട്ടൊന്നുമില്ല ഒരു വശത്ത് ജാരബുദ്ധിയോടുകൂടെ കൃഷ്ണനെ ജാരാത്മനാണത് പരമാത്മതയാ സ്മരന്ത്യഹാ എന്ന് പറയുന്നത് സ്മരിച്ചില്ല ഉള്ളൂ മറന്നു മറന്നു പോണു ഈ പരമാത്മബുദ്ധി മറന്നു പോകുവെങ്കിലും ഭഗവാൻ ഓർമ്മിപ്പിച്ചു കൊണ്ടേ അത് കുറെ കാലം വിരഹത്തിന്റെ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉദ്ധവരെ പറഞ്ഞത് ഉദ്ധവരുടെ അടുത്ത് ഭഗവാൻ ഭഗവത് സ്വരൂപത്തിനെ ഓർമ്മിപ്പിക്കാനായി ഉദ്ധവരെ പറഞ്ഞയച്ചു പറഞ്ഞയച്ചതോടുകൂടെ ഇവരുടെ ദുഃഖം സമ്പൂർണമായി മാറി ഉദ്ധവരുമായിട്ടുള്ള സംവാദത്തിൽ വ്യപേതവിരഹജ്വരാ ഉദ്ധവം പൂജയാം ചക്രു ജ്ഞാത്വാ ആത്മാനമധോക്ഷജം വിരഹം എന്നുള്ള അവരെ വിട്ടുപോയി എന്നാണ് ഭാഗവതം പറയണം വിരഹമെന്നുള്ള ജ്വരം വിട്ടുപോയി ഉദ്ധവനെ പൂജിച്ചു എന്തിനാ ഉദ്ധവനെ പൂജിച്ചതെന്ന് ആത്മാനം ഞാ ആത്മാവനെ അറിഞ്ഞിട്ട് ഭഗവാനെ ആത്മാവാണെന്ന് അറിഞ്ഞിട്ട് കൃഷ്ണൻ ഒരിക്കലും ഞങ്ങളെ വിട്ടു പിരിയാത്ത വസ്തുവാണെന്നും കൃഷ്ണൻ വേറെയാണ് ഞങ്ങൾ വേറെയെന്നോ അജ്ഞാനം നീങ്ങുകയും ചെയ്തതുകൊണ്ട് ഉദ്ധവം പൂജയാം ചക്രുവാത്മാനമധോക്ഷജം ഇതൊക്കെ ഭാഗവതമാണ് അപ്പൊ ഭഗവാനെ താത്വികമായി അറിഞ്ഞാൽ തത്വ ജാനാതി ഭക്തമാം അഭിജാനാദീസ്മി തത്വത തതോ മാം തത്വതോ ജ്ഞാത് വിശദേ തദ്രം അങ്ങനെ ഭക്തി കൊണ്ട് ഭഗവാനോട് അടുക്കും അടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ തത്വസ്വരൂപം ബോധിപ്പിക്കും അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ ശരീരം വിട്ടാൽ പൂർണമായി ഭഗവാനിൽ അയച്ചുചേരും അവർക്ക് പുനർജന്മം ഇല്ല തെക്വാഹം പുനർജന്മനൈതി മാമേതി സോർജുന അവർക്ക് പുനരുത്പത്തിയില്ല എന്നാണ് പുനരുത്പത്തി അവർക്ക് അവസാനിച്ചു ഭഗവത് സ്വരൂപികളായിട്ട് അവർ തീരും ഭഗവാനിൽ നിന്ന് അന്യമായ ഒരു അസ്തിത്വമില്ലാതെ അവര് ഭഗവത് സ്വരൂപികളായിട്ട് തീരും എന്ന് ഭഗവാന്റെ വചനം അടുത്ത ശ്ലോകം വീതരാഗയക്രോധാഹം മന്മയാമാം ഉപശ്രിതാഹം ബഹവോ ജ്ഞാന ൂത്താമത്ഭാവമാകത്താഹ അപ്പൊ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ അങ് പറഞ്ഞത് ജ്ഞാനയോഗമാണല്ലോ ഞങ്ങളൊക്കെ ഭഗവാനെ അങ്ങ് രൂപത്തോടുകൂടെ ഇരിക്കുന്നു അങ്ങേതാ ദേവകീപുത്രനായിട്ടും വസുദേവ പുത്രനായിട്ടും യശോദാ ബാലനായിട്ടും നന്ദബാലനായിട്ടും ഒക്കെ കാണുകയല്ലേ ഉള്ളൂ അല്ലാതെ അങ് പറയുന്ന രീതിയിൽ അങ്ങേ സാക്ഷാത് പരമാത്മാവാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട് കംസവദത്തിനായി ഭഗവാൻ രംഗദ്വാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇത്ര കണ്ടത് കൃഷ്ണനെ മല്ലാമ നൃണര സ്ത്രീണ സ്മരോ മൂർത്തിമാൻ ഗോപാന സ്വജനോ അസദിതിഭുജാ ശാസ്ത സ്വുത്രോ ശിശു മൃത്യു ഭോജപദേ വിരാട് അവിദുഷാ തത്വം പരം യോഗിനം കൃഷ്ണീനാം പരദേവതേ വിദിതോ രംഗംഗത സാഗ്രജാം ആ രംഗദ്വാരത്തിലേക്ക് കൃഷ്ണൻ കയറി വരുമ്പോ മുഷ്ടികൻ ചാണൂരൻ മുതലായ മല്ലന്മാരൊക്കെ നോക്കി കണ്ടാൽ വെലിഞ്ഞ ശരീരം മൃദുവായ ശരീരം പക്ഷെ അവർ മനസ്സിലാക്കിയത്ര എന്താണെന്ന് വെച്ചാൽ ആനയോട് ചണ്ട കണ്ടതാണ് ഇടുത്തി പോലെ ശരീരത്തിൽ ബലമുണ്ട് മല്ലാനാമസനീഹി നല്ല മനുഷ്യർക്കോ നൃണാം നരവരഹ പുരുഷോത്തമനാണെന്ന് സ്ത്രീണാം സ്മരോമൂർത്തിമാൻ ഗോപസ്ത്രീകളെ പോലെയുള്ള സ്ത്രീകൾക്ക് സാക്ഷാത് മന്മഥനാണോന്ന് തോന്നി ഗോപാനാം സ്വജനഹ ഗോപന്മാർക്ക് ഞങ്ങളുടെ കൃഷ്ണൻ അസദാം ശാസ്ത ജരാസന്തനെ പോലെയുള്ള രാജാക്കന്മാർക്ക് ഞങ്ങളെയൊക്കെ ശാസിക്കാൻ ഇതാ വൃത്തം വന്നിരിക്കുന്നു സ്വപിത്രോഹോ ശിശു നന്ദഗോപര്ക്കും വസുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും ഒക്കെ ഞങ്ങളുടെ കുട്ടി സ്വപിത്രോ ശിശുഹു കംസൻ അവിടെ ഇരിക്കുന്നുണ്ട് കംസൻ എന്താ തോന്നണത് ഒന്നും തോന്നണില്ല കൃഷ്ണൻ വരണമെന്ന് കാണിച്ചു കൃഷ്ണനെ ഒന്നും കണ്ടില്ല കംസൻ കംസൻ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഒരു പോത്ത് പോത്തിന്റെ മേലെ ഒരാൾ ഇരിക്കണു കയ്യിൽ ഒരു ഗത ഒരു കയറ് മൃത്യുഹൂ ഭോജപദേഹേ മൃത്യുവിനെയാണ് കാണുന്നത് വിരാടവിദുഷാം ഈ കുട്ടിയാണോ കംസനെ കൊല്ലാൻ പോണത് അപ്പൊ ഗർഗാചാര്യരെ പോലെയും ചില യോഗികളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ തത്വം പരം യോഗിനാം അവർക്കൊരു രൂപം വരുന്നു എന്നോ കൃഷ്ണൻ വരുന്നു എന്നോ ഒരാൾ വരുന്നു എന്നോ തോന്നിയില്ല പരമാത്മ തത്വമാണത് വസ്തു തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവദേവിദിതോ രംഗംഗത സാഗ്രജ അപ്പോ വാസ്തവത്തിൽ തത്വം അറിയാൻ ആർക്ക് ശക്തി ഉണ്ടോ അവർ മാത്രം താത്വികമായി ഭഗവാനെ കാണുന്നു ബാക്കിയുള്ളവരൊക്കെയോ അവരവരുടെ ഭാവത്തിനനുസരിച്ച് അച്ഛനാണെങ്കിൽ മകനായിട്ടും ഭാര്യയാണെങ്കിൽ ഭർത്താവായിട്ടും ശത്രുക്കളാണെങ്കിൽ ശത്രുവായിട്ടും ഇങ്ങനെ പല രീതിയിലും സഖാവായിട്ടും ദേവതയായിട്ടും ബന്ധുവായിട്ടും ഒക്കെ ഭഗവാൻ പറയുന്നു ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വത ആര് താത്വികമായി അറിയുന്നു അയാൾക്ക് മാത്രം എന്റെ ശരീരമോ നാമരൂപമോ കണ്ടു മോഹിച്ചു പോകാതെ ശരീരം വിടുമ്പോ ജനന മരണ രക്ഷപ്പെട്ടു പോകും ഈ തത്വം ഓരോരുത്തരിലും പ്രയോഗിക്കണം ഭാര്യ ഭർത്താവിന് പ്രയോഗിക്കണം ഭർത്താവ് ഭാര്യയിൽ പ്രയോഗിക്കണം മക്കളിൽ പ്രയോഗിക്കണം എല്ലാം പ്രയോഗിക്കണം അവരൊന്നും ഈ ശരീരമല്ല അവരോട് ബന്ധപ്പെടുമ്പ തന്നെ ഈ ഈ ഒരു ധ്യാനം നമ്മൾ ഉള്ളിൽ വെച്ചോണം ഇവരുടെ ശരീരമൊക്കെ എപ്പോഴെങ്കി പോവാം നമ്മളുടെ ശരീരം എപ്പോ പോവാം പക്ഷെ എനിക്ക് ആ പ്രിയത്തിനെ ഒന്നും കളയണ്ട പ്രിയം വലിയൊരു ബലമാണ് പ്രിയം എവിടെ വരികയാണെങ്കിലും ഭർത്താവിനോടോ ഭാര്യയോടോ കുട്ടിയോടോ ആ പ്രിയം ഭക്തിയാണ് പക്ഷെ ആ പ്രിയം ആസക്തിയെ ഭക്തിയാക്കി മാറ്റണമെങ്കിൽ ഈ ജ്ഞാനമാകുന്ന കൺമക്ഷി കണ്ണിലിടണം ജ്ഞാനമാകുന്ന കൺമക്ഷി കണ്ണിലിട്ടിട്ട് ആ പ്രിയം വെച്ചുകൊണ്ട് തന്നെ ഇത് ഞാൻ ആ ശരീരത്തിനോടല്ല എനിക്ക് പ്രിയമുണ്ട് അത് നാച്ചുറൽ വരുത്തണ്ട പക്ഷെ ആ പ്രിയം ഭഗവാനോടാണ് ആ ശരീരത്തിനോടല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് ആസക്തി എവിടെവിടെ ഉണ്ടോ ആ ആസക്തിയെ ഭക്തിയാക്കി മാറ്റാം നമുക്ക് സാധാരണ കുടുംബ തന്നെ അധ്യാത്മ അനുഭൂതിയാക്കി മാറ്റാം കുട്ടികളോടും അമ്മയോടും അച്ഛനോടും ഭർത്താവിനോടും ഭാര്യയോടും ബന്ധുക്കളോടും ഒക്കെയുള്ള പ്രിയത്തിനെ തന്നെ ഭഗവത് അനുഭൂതിയാക്കി മാറ്റാം അതിലുള്ള നാമത്തിനെയും രൂപത്തിനെയും എടുത്തു കളയാമെങ്കിൽ അപ്പോ നമ്മൾക്ക് സ്നേഹം കൊണ്ടൊന്നും നമുക്ക് സംസാര ബന്ധമൊന്നും ഉണ്ടാവുകയില്ല സ്നേഹിക്കും നമ്മൾ സമാധി അനുഭവിക്കും സ്നേഹിക്കും തോറും യോഗാനുഭവം നേടും സ്നേഹിക്കും തോറും നമ്മള് അനുഭൂതി നേടും ഒന്നും പ്രത്യേകിച്ച് ഒരു വിഗ്രഹത്തിനെ വെച്ച് പൂജിക്കൊന്നും വേണ്ട ഉള്ള സ്നേഹത്തിനെ ശുദ്ധമാക്കിയാൽ മതി എവിടെ നാച്ചുറൽ ആയിട്ട് സ്നേഹമുണ്ടോ അവിടെ എവിടെ ശുദ്ധമാക്കിയാൽ മതി സാധിക്കുമെങ്കിൽ ചെയ്യുക ഇതൊരു യോഗമാർഗമാണ് അതറിയുന്നവർ ശരീരം ഉപേക്ഷിച്ചാൽ വീണ്ടും ജനിക്കില്ല എന്ന് ഭഗവാൻ പറയുകയാണ് അപ്പൊ അങ്ങനെയുള്ള യോഗികൾ അത്രയൊക്കെ ജ്ഞാനതപസ്സുള്ളവരുണ്ടോ ജ്ഞാനത്തപസ് എന്നാണ് ഇതിന് പറയണതേ നമുക്ക് ഉള്ളതിനെ ജ്ഞാനം കൊണ്ട് ശുദ്ധമാക്കുക അതാണ് ജ്ഞാനത്തപസ് ആ ജ്ഞാനതപസ് ഈ ഏകാന്ത തപസ്സിനെക്കാളും വലുതാണ് ഒരിടത്ത് കുത്തി ഇരുന്ന് ഓരോ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാക്കി ഇതും അതുമൊക്കെ ചെയ്യുന്ന തപസ്സിനേക്കാളും ഒക്കെ എത്രയോ ശ്രേഷ്ഠമാണ് ഈ ജ്ഞാനതപസ് ചിന്താമണി കൊണ്ട് എന്തിനെ തൊട്ടാലും സ്വർണമാവുന്ന പോലെ ഈ ജ്ഞാനമാവുന്ന ചിന്താമണി കൊണ്ട് നമ്മളുടെ അനുഭവ മണ്ഡലങ്ങളെയൊക്കെ തൊടുന്തോറും അതൊക്കെ തനി തങ്കമായിട്ട് മാറും അനുഭൂതി കൊണ്ട് ശുദ്ധമാവും അങ്ങനെയുള്ള ജ്ഞാനതപസ് ആർക്ക് ചെയ്യാൻ കഴിയും എത്ര പേരുണ്ടാവും ഭഗവാൻ പറഞ്ഞു ഒരുപാട് പേരുണ്ടായിരുന്നുണ്ടെന്ന് ീത രാഗ ഭയക്രോധാഹ ജ്ഞാനതപസ്സിന് എന്താണ് വേണ്ടത് ആദ്യം സ്വീകരിക്കണം എല്ലാവരിലും ഭഗവാനാണോ ഉള്ളത് എന്ന് സ്വീകരിക്കുക ഭാഗവതധർമ്മ സർവസ്വമാണത് എല്ലാവരിലും ഭഗവാനാണോ ഉള്ളത് സകല പേരിലും യേശു പറഞ്ഞു അത്രേ എല്ലാരെയും എന്നെ പോലെ സ്നേഹിക്കുക അപ്പോൾ ഒരാൾ പറഞ്ഞു എല്ലാവരെയും ആവാം പക്ഷെ ഈ അടുത്ത വീട്ടുകാരന് മാത്രം പറ്റില്ല അവനാണ് പ്രശ്നം അപ്പോഴാണത്രേ പറഞ്ഞു ഈ അടുത്ത വീട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുക അപ്പോഴേ അടുത്ത വീട്ടുകാരൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ എല്ലാവരിലും ഒരേ ആളാണോ ഉള്ളത് നമുക്ക് ഈ അടുത്തവരൊക്കെയാണോ കുഴപ്പമേ അടുത്തവര് ഭർത്താവ് ഭാര്യ അല്ല ദൂരത്ത് എനിക്ക് അറിയാത്ത ആളെ സ്നേഹിക്കാൻ പന്താ ബുദ്ധിമുട്ട് ഒരു വിഷമമില്ല അതൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനും ഇവിടെ ഇരുന്ന് സ്നേഹിച്ചത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല അയാളെ എനിക്കൊരു സംബന്ധം കൊടുക്കൽ വാങ്ങലൊന്നുമില്ല ഈ അടുക്കും തോറുമാണ് ചില കുഴപ്പങ്ങൾ നമ്മളുടെ കുഴപ്പങ്ങൾ അവര് കാണും അവരുടെ കുഴപ്പങ്ങൾ നമ്മൾ കാണും അപ്പോ ആ ബന്ധത്തിനെ ശുദ്ധമാക്കാൻ രാഗം ഭയം ക്രോധം വീത രാഗ ഭയക്രോധാഹ ഒരാളോടും നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ നോക്കണം അതാണ് അതിന്റെ സീക്രട്ട് അറ്റാച്ച്മെന്റ് ഒരിടത്തും ഇല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എപ്പോ പോകും എല്ലാം നശ്വരമാണെന്ന് അറിഞ്ഞാൽ പോകും ഭയമില്ല രാഗത്തിനോട് തന്നെ ഭയമുണ്ട് നമുക്ക് എന്തിനോടെങ്കിലും ഒട്ടിയിരിക്കുമ്പോൾ അത് നമ്മളെ വിട്ടുപോകുവോ എന്ന് പേടി അല്ലെങ്കിൽ നമ്മളതിനെ വിട്ടുപോകുവോ എന്ന് പേടി ഭയമുണ്ട് അതിന് കുറുകെ എന്തെങ്കിലും വന്നാൽ അതിനോട് ക്രോധം എനിക്കും ഞാൻ അറ്റാച്ചഡ് ആയിട്ടുള്ള വസ്തുവിനും തടസ്സമായിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം ഏർപ്പെട്ടാൽ ക്രോധം ഈ മൂന്നും എടുത്തു കളഞ്ഞിട്ട് മന്മയാഹാ മാമുപാശ്രിതാഹാം എല്ലാരിലും ഭഗവാനുള്ള ഭഗവാനാണ് ഉള്ളത് എന്ന് കണ്ട് ഭഗവാനെ ആശ്രയിച്ചു ഉള്ളിലുള്ള ഭഗവാനെ കണ്ടുകൊണ്ട് മന്മയത്വം പറഞ്ഞാൽ ഉള്ളിൽ മുഴുവൻ ഭഗവത് അനുഭൂതിയാണ് രാഗം ഭയം ക്രോധം ആരിൽ നിന്നു പോയോ അയാൾക്കുള്ളിൽ ചിത്തവൃത്തിയേല എപ്പോഴും യോഗാനുഭവമാണ് അതാണ് മന്മയത്വം മാമുപാശ്രിതാഹെന്ന് വെച്ചാൽ എവിടെയുള്ളതും ഭഗവാനാണ് അതുകൊണ്ട് എനിക്ക് എപ്പോൾ എന്ത് വേണോ അതൊക്കെ ഭഗവാൻ ഏതെങ്കിലും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തോന്നിയിട്ട് ചെയ്തോളും അതാണ് വിരാട് രൂപനായ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ യോഗക്ഷേമം ഭഗവാൻ അങ്ങനെയാണ് വഹിക്കണത് ഏതെങ്കിലുമൊക്കെ ശരീരത്തിലൂടെ ഏതെങ്കിലുമൊക്കെ ശരീരത്തിൽ അന്തര്യാമിയായി ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും ഭഗവാൻ അല്ലാതെ ഭഗവാന് സർവതഃ്പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം അങ്ങനെയുള്ള ഭഗവാനാണ് ശരണാഗതി ചെയ്യണതേ അപ്പോ ഭഗവാനെ ആശ്രയിക്കുന്ന വച്ചാലോ എല്ലായിടത്തും എല്ലാവരുടെ രൂപത്തിലുള്ള ഭഗവാനെ ആശ്രയിക്കുകയാണ് മാമുപാശ്രിതാഹ ഇതാണ് തപസ് ഞാനതപസ് മന്മയത്വവും മാമുപാശ്രയത്വവും ആണ് തപസ് ഭഗവത് മയത്വം ഉള്ളിൽ ഭഗവാനെ അനുഭവിക്കുന്നു പുറമേക്ക് ഭഗവാനെ ആശ്രയിക്കുന്നു ഭാഗവതത്തിൽ പതിനൊന്നാമത്തെ സ്കന്ധം മന്മയത്വം പന്ത്രണ്ടാമത്തെ സ്കന്ധം മാമുപാശ്രയത്വം ആദ്യം ഉള്ളിൽ ഭഗവാനെ കണ്ടു എന്നിട്ട് വ്യവഹാരത്തിൽ വരുമ്പോഴോ ഭഗവാനാണ് എന്തു വേണോ അപ്പോ ആ ഭഗവാൻ എനിക്ക് തന്നോളും ചെയ്തോളും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭഗവാനെ ആശ്രയിച്ച് സ്വച്ഛന്തമായിട്ട് ലോകത്തിൽ ജീവിക്കാം മന്മയാഹ മാമുപാശ്രിതാഹ ഈ രണ്ടെണ്ണം ഈ മന്മയത്വവും മാമുപാശ്രയത്വത്തിനും തടസം രാഗം ഭയം ക്രോധമാണ് രാഗവും ഭയവും ക്രോധവും എടുത്തു കളഞ്ഞിട്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അന്തര്യാമി രൂപനായ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വിശ്വരൂപനായ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അക്ഷരപുരുഷനായ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എത്രയോ പേർ ജ്ഞാനതപസ്സുകൊണ്ട് പരിഭാഗപ്പെട്ട് മാമുപാഗതാഹ എന്നെ പ്രാപിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ജീവൻ മുക്തന്മാരായിട്ടുണ്ട് എന്നർത്ഥം അതുകൊണ്ട് ആശയ്ക്ക് വകയുണ്ട് നമുക്കൊക്കെ സാധിക്കുവോന്ന് എത്രയോ പേര് സാധിച്ചിട്ടുണ്ടല്ലോ ഉള്ളിൽ ഭഗവാനെ അനുഭവിച്ചുകൊണ്ടും ജഗത്ത് മുഴുവൻ ഭഗവാനാണെന്ന് കണ്ടുകൊണ്ടും നടന്ന എത്രയോ പേരുണ്ടല്ലോ സ്വാമി രാമദാസ് ഉണ്ടായിരുന്നു രാമദാസ് സ്വാമികൾ എല്ലാം ഭഗവാനാണെന്ന് പറഞ്ഞ് ഒരു ദിവസം കൂടെ ഇറങ്ങി നടന്നു കയ്യിലൊന്നുമില്ല ഒരു പാത്രം കയ്യിലുണ്ടായിരുന്നത് പോലും കളഞ്ഞിട്ട് കയ്യിൽ കാശ് പോലും ഒന്നും ഇല്ലാതെ എങ്ങനെ യാത്ര എന്തിനെ വിശ്വസിക്കുന്നു ഭഗവാനെ രാമനെ ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു നിന്റെ രാമൻ എവിടെ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഈ തെണ്ടുന്നത് രാമൻ ഉണ്ടെന്ന് കാണാനാണ് ഈ തെണ്ടുന്നത് അപ്പൊ നിന്റെ രാമൻ എവിടെ ഉണ്ടോ ഇവിടെ ഉണ്ട് രാമൻ ഇവിടെ എവിടെയാളുള്ളത് റൈറ്റ് ബിഫോർ മീ എന്റെ മുമ്പിൽ നിൽക്കുന്നു രാമൻ രാമനാണ് എന്നോട് ചോദിക്കുന്നത് എവിടെ രാമൻ ഇതാണ് മാമുപാശ്രിതാഹ് എവിടെയും ഭഗവാൻ ഉണ്ടെന്ന് കരുതി അപ്പൊ ആരെങ്കിലും ഒക്കെ ഭക്ഷണം തരുന്നു ആരെങ്കിലുമൊക്കെ നോക്കുന്നു ഇത് അനന്യാശ്ചിന്തയൻ തോമാം ഏജനാ പര്യുപാസതേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വാമ്യഹം യോഗക്ഷേമം എങ്ങനെ വഹിക്കും അനേക ശരീരങ്ങളിലൂടെ വഹിക്കും ആരെങ്കിലും ഒക്കെ നോക്കും ആരെങ്കിലും ഒക്കെ വഴി കാണിക്കും ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടുപോകും നമ്മൾ വിചാരിക്കുന്നു വീട്ടിലും കുടുംബത്തിലും കെട്ടിക്കിടക്കുന്ന നമ്മളെപ്പോലുള്ള കുടുംബികളുടെ ധാരണ എന്റെ ഭാര്യ എന്റെ കുട്ടികൾ ഇവരൊക്കെയാണ് പേ നോക്കുക അല്ലെങ്കിൽ നാളെ തന്നെ ആര് നോക്കും അവസാനം അവരൊക്കെ ഇട്ടിട്ട് പോകും ആരോ നോക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ നോക്കുമെന്ന് വിചാരിക്കുന്നവരൊന്നും നോക്കണില്ല ആരോ നോക്കണം ഇവരൊന്നും ഇല്ലെങ്കിൽ ആരും നോക്കും ഇവരൊക്കെയാണപ്പോ നമ്മൾ ഇവരെയൊക്കെ വിശ്വസിച്ചിട്ടാണോ ഭഗവാൻ നമ്മളങ്ങോട്ട് കൊണ്ടുവരണത് ആരോ നോക്കണോ ആരോ വളർത്തുന്നു എന്തൊക്കെയോ ഇല്ലേ തെരുവിലിപ്പോ നായ്ക്കളൊക്കെ നടക്കണല്ലേ അവർക്ക് എന്താ പോ കുറവുള്ളത് എത്ര കാലമായി ഒരു പരമ്പര തുടരുന്നുണ്ട് ഋപാനന്ദ വാര്യര് ചൊല്ലുവർ പുണ്യം രൊമ്പ അധികമാണ് അമേരിക്കാവിലെ പോയി നായാപ്പുറപ്പനും അമേരിക്കയിൽ പോയി നായ ആയിട്ട് എന്താന്ന് വെച്ചാൽ അവിടെ മനുഷ്യനായി ജനിച്ചാൽ പണിയെടുക്കണം നായാണെ പണിയൊന്നും എടുക്കേണ്ട ആരെങ്കിലും നോക്കും കാറിലൊക്കെ ഇരുന്ന് പോകും എല്ലാരും ടാട്ട കാണിക്കും നായ്ക്ക് മനുഷ്യ കുട്ടികളൊന്നും ആരും സംരക്ഷിക്കില്ല ഒരുപാട് പുണ്യം ചെയ്താൽ അവിടെ പോയി നായയിട്ട് ജനിക്കണം ആ മൃഗങ്ങളും ഒക്കെ ജീവിക്കണേ ആരെങ്കിലും നോക്കണു അവരൊക്കെ ആരോ വിശ്വസിച്ചിട്ടാ പറയും ഒരു നായ്ക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നോക്കും കണ്ട വാലാട്ടോ അവര് കൂട്ടി വീട്ടിലേക്ക് ആരോ ഭക്ഷണം കൊടുക്കണം ആരോ വളർത്തുന്നു ഭക്ഷണം കിട്ടാതെ മരിക്കണില്ല അപ്പോ ജഗത്തിൽ ഓരോ ജീവനും ജനിക്കുമ്പോ അതിന് വേണ്ടതൊക്കെ ഭഗവാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ശരണാഗതി ചെയ്താൽ മാത്രം മതി അതാണ് മാമുപാശ്രയത്വം അങ്ങനെ വിഷമിക്കാതെ ശരണാഗതി ചെയ്ത് അന്തരംഗത്തിൽ ഭഗവാനെ നിത്യം അനുഭവിച്ചുകൊണ്ട് ഇതിന് ജ്ഞാനതപസ് എന്ന് പേര് നമ്മുടെ ഭഗവാൻ ഒരിടത്ത് ഉപദേശിച്ചതായി മൃഗനാർ സ്വാമികൾ എഴുതിയിട്ടുണ്ട് ജ്ഞാനോപദേശം തരൂ എന്ന് മുരുനാർ സ്വാമികൾ ചോദിക്കുക മൃഗനാർ വന്ന് ഭഗവാൻ കിട്ട കേറു അപ്പൊ ഭഗവാൻ ഇരുന്തപടിക്കേ ഇരുടെ എരുന്തപടിക്കേ ഇവിടുന്നു ഉപദേശം ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കൂ എന്നാണ് വെച്ചാലോ ആത്മസ്വരൂപത്തിൽ നിഷ്ഠനാവൂ എന്നർത്ഥം അപ്പൊ സ്വാമികൾ ചോദിക്കാണെങ്കിൽ ഞാൻ ലോകവ്യവഹാരം എങ്ങനെ ചെയ്യും ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കും ഇറൈവൻ അരുൾ ശലുത്തും വഴിക്കേണ്ടാൻ ഇതാണ് ആശ്രയം ഭഗവാന്റെ കൃപ എങ്ങനെ എങ്ങനെ ഈ ശരീരത്തിനെയും മനസ്സിനെയും ചലിപ്പിക്കുന്നു അതുപോലെ ചലിക്കും ഉണങ്ങിയല്ല കാറ്റത്ത് പറക്കണ പോലെ ഇങ്ങനെ ബാഹ്യമായി ഭഗവാനെ ആശ്രയിക്കലും ആന്തരികമായി ഭഗവാനെ ധ്യാനിക്കലും എന്നുള്ള ടൂട്ടയർ ഈ ജ്ഞാന തപസ്സുകൊണ്ട് എത്രയോ പേർ മഹായോഗികളായും ജീവൻ ഭഗവത്പ്രാപ്ത ഭാഗവതോത്തമന്മാരായും ഒക്കെ തീർന്നിട്ടുണ്ട് അതുകൊണ്ട് അർജുന ഈ ജ്ഞാനം വിഷമമുള്ളതല്ല ഈ ജ്ഞാനം എളുപ്പമാണ് ഭഗവാ തന്റെ വചനമാണ് രാഗശ് ഭയം ചോധിച്ച വീത മന്മയാ ബ്രഹ്മവിദ ഈശ്വര അഭേദദർശി മാമേവ പരമേശ്വരം ഉപാശ്രിതനിഷവ അനേക ജ്ഞാനപസാ ജ്ഞാനം പരമാത്മവിഷയം തപുത്തപസ പൂത്ത പരാംശുദ്ധിം ഗതാ സന്തംശ്വരഭാവം മോക്ഷം ആഗതപ്രാപ്ത ഇതരതപോ നിരപേക്ഷ ജ്ഞാനനിഷ്ഠാ ലിംഗം ജ്ഞാനതപസേഷണം മറ്റൊരു തപസ്സുമില്ലാതെ അത് പ്രത്യേകം ആചാര്യസ്വാമികൾ എടുത്തു പറയുന്നു ഇതരതപോ നിരപേക്ഷ മറ്റൊരു തപസ്സിനെയും ആശ്രയിക്കാതെ കേവലജ്ഞാനമാകുന്ന തപസ്സിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യവഹാര പ്രപഞ്ചത്തിൽ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടും ഭഗവാനെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ടും എത്രയോ പേർ പവിത്രീകരിക്കപ്പെട്ട് കാരണം ഈ ജ്ഞാനം എന്തിനെ തൊടുന്നു അതിനെ പവിത്രീകരിക്കും പരിശുദ്ധമാക്കും അതാണ് പൂതാഹ പ്യൂരിഫൈഡ് അബ്സലൂട്ട്ലി പ്യൂരിഫൈഡ് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട് മദ്ഭാവമാകത്താഹ എന്റെ ഭാവത്തിനെ പ്രാപിക്കുന്നു ഭഗവാന്റെ ഭാവത്തിനെ ജ്ഞാനത്തിന് ശേഷം പരിപൂർണമായ പരാഭക്തിയെ നേടുന്നു എന്നർത്ഥം അപ്പോഴാണ് അവർക്ക് പരാഭക്തി ഉണ്ടാവുന്നത് ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായി കാണുമ്പോഴാണ് പരാഭക്തി ഉണ്ടാവുന്നത്